ഓ മനുഷ്യരേ പുനരുദ്ധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് രക്തക്കട്ടയിൽ നിന്നും പിന്നീട് രൂപപ്പെട്ടതും രൂപപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിത്തരാൻ വേണ്ടിയാണത് നിശ്ചയിക്കപ്പെട്ട കാലാവധി വരെ നാം ഉദ്ദേശിക്കുന്നത് ഗർഭപാത്രങ്ങളിൽ നിലനിർത്തുന്നു പിന്നീട് നിങ്ങളെ ഒരു ശിശുവായി നാം പുറത്തെടുക്കുന്നു പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പൂർണതയിലെത്തുന്നു നിങ്ങളിൽ ചിലർ മരണപ്പെടുന്നു ചിലർ വാർദ്ധക്യത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു അറിവ് ലഭിച്ചതിനുശേഷം യാതൊന്നും അറിയാത്തവനാകാൻ വേണ്ടിയാണത് ഭൂമി വരണ്ടുണങ്ങി കിടക്കുന്നത് നിങ്ങൾ കാണുന്നു എന്നാൽ നാം വെള്ളം ചൊരിഞ്ഞാൽ അത് ചലിക്കുകയും ഉയരുകയും മനോഹരമായ എല്ലാ ജോഡികളായ സസ്യങ്ങളെയും മുളപ്പിക്കുകയും ചെയ്യുന്നു